നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ വ്യാഴം എന്ന ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും പ്രധാന ഗ്രഹം സൂര്യനേക്കാൾ ചന്ദ്രനേക്കാൾ പ്രാധാന്യം കൊടുത്ത് കാണുന്ന ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിനെ പറ്റിയിട്ടാണ് ജൂപ്പിറ്റർ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ വ്യാഴം എന്നാൽ ഗുരുവാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു ഗുരു എന്ന സങ്കല്പത്തിൻ്റെ പ്രതീകമാണ് വ്യാഴം അല്ലെങ്കിൽ വ്യാഴം ദേവഗുരുവാണ് ബൃഹസ്പതി എന്നും പറയുന്നുണ്ട് വ്യാഴത്തിനെ ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി അതുകൊണ്ട് വ്യാഴത്തിനെ ബൃഹസ്പതി എന്ന് പറയുന്നുണ്ട് ജ്യോതിഷത്തിലെ വ്യാഴത്തിന് സർവേശ്വര കാരകത്വം അതായത് എല്ലാ ഈശ്വരന്മാരുടെയും പ്രാതിനിധ്യം റെപ്രസെൻറ്റേഷൻ വ്യാഴത്തിന് കൊടുത്തിട്ടുണ്ട് സർവേശ്വരണാം ധിഷണേ അനുകൂലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകം ഉണ്ട് അതിൽ പറയുന്നുണ്ട് എല്ലാ ഈശ്വരന്മാരുടെയും പ്രാതിനിധ്യം വ്യാഴത്തിനുണ്ട് അതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമായിട്ട് നിന്നാലും വ്യാഴമനുകൂലമായിട്ട് നിന്നാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി സമയത്താണെങ്കിലും അതൊന്ന് രക്ഷപ്പെടാം എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിലും വ്യാഴം പ്രതികൂലമായിട്ട് നിന്നാൽ രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതായത് വ്യാഴത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിലും വ്യാഴം അഥവാ ഗുരു പ്രസാദിച്ചില്ലെങ്കിൽ ഗുരുത്വമില്ലെങ്കിൽ ഗുരുത്വം കെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് അതേസമയത്ത് എല്ലാവരും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഗുരുവിൻ്റെ കടാക്ഷം ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുത്വം അല്ലെങ്കിൽ ഗുരുത്വമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാം അപ്പം അങ്ങനെ എല്ലാ ഈശ്വരന്മാരുടെയും ഒരു അതുകൊണ്ട് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ ഈ പരബ്രഹ്മം ഈ കാണുന്ന സകലശരാ ഈശ്വര ചൈതന്യവും ഗുരുവിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഗുരുവിന് അത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യാഴത്തിന് ഇങ്ങനൊരു ബന്ധം എല്ലാ ഈശ്വരന്മാരുടെയും ഒരു കാരകത്വം അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് നമ്മുടെ ഭാരതീയ കൺസെപ്റ്റനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ ഗുരുവല്ലാത്തതൊന്നുമില്ല എല്ലാ ഗുരുക്കന്മാരാണ് എന്ത് കണ്ടാലും എന്തിൽ നിന്നും നമുക്ക് അറിവുകൾ കിട്ടാനുണ്ട് ആരാണോ നമുക്ക് അറിവ് തരുന്നത് അതൊക്കെ ഗുരുവാന് ഒരു കഥ കേട്ടിട്ടുണ്ട് ശ്വേതകേതു എന്ന ഒരു രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇത് ഏത് ബൈബ്ഡ് ഭാഗത്ത് നിന്നെനിക്കറിയില്ല പക്ഷെ വളരെ നല്ലൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് ഈ രാജകുമാരൻ്റെ അച്ഛൻ രാജകുമാരൻ എട്ട് വയസ്സായപ്പോൾ തന്നെ ആ രാജകുമാരനെ ഗുരുകുലത്തിൽ കൊണ്ടാക്കി പതിനെട്ട് വർഷം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസം ശ്വേതകേതുവിനെ ധാരാളം അറിവുകൾ സമ്പാദിപ്പിച്ചു കൊടുത്തു പതിനെട്ട് വർഷം കഴിഞ്ഞിട്ട് വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയും അഹങ്കാരത്തോടു കൂടിയും എല്ലാം അറിഞ്ഞു എന്ന ഭാവത്തോടു കൂടിയും അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയ അച്ഛനെ കണ്ടു ഇപ്പം വളരെ വിഷണ്ണനായിരിക്കുന്നു ഇപ്പം ശ്വേതഗേതു ചോദിച്ചു എന്താ അച്ഛ അച്ഛൻ ഇങ്ങനെ എൻ്റെ പതിനെട്ട് കൊല്ലത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടും അങ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പം അച്ഛനായിട്ടുള്ള രാജാവ് പറഞ്ഞു ഇത്രയും കാലം പഠിച്ചിട്ടും നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നീ എൻ്റെ അറിവുകൾ വട്ടപൂജയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ശ്വേതഗേതു അത് അമ്പരന്നു ഇത്രയും കാലം ഞാൻ ഗുരുകുലത്തിൽ പഠിച്ചിട്ടും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല അങ്ങ് പറയണത് അപ്പോൾ രാജാവ് പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഗുരുവിനോട് ഇത് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് തിരിച്ച് സ്വേതകേത് ഗുരുകുലത്തിലെത്തി ഗുരുവിനോട് പറഞ്ഞു എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങ് എന്നെ എന്താണ് ഇത്രയും കാലം പഠിപ്പിച്ചത് അപ്പോൾ ഗുരു പറഞ്ഞു അടിസ്ഥാനപരമായിട്ടുള്ള ധാരാളം അറിവുകൾ നീ നേടേണ്ടതുണ്ട് അതിന് ഇനി ഞാനല്ല നിൻ്റെ ഗുരു നീ അത് സ്വയം പഠിക്കുകയാണ് വേണ്ടത് അതിന് ഞാൻ നിന്നെ ഒരു പരീക്ഷണം ഏൽപ്പിക്കുകയാണ് നാളെ നീ രാവിലെ വരുമുറഞ്ഞു അങ്ങനെ ശ്വേതകേതു പിറ്റേ ദിവസം രാവിലെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു ഗുരു ശ്വേതകേതുവിന് അഞ്ഞൂറ് ആടുകളെ കൊടുത്തു ആട് അതിൽ ആണുണ്ട് ഈ അഞ്ഞൂറ് ആടുകളെയും കൊണ്ട് നീ ഒറ്റയ്ക്ക് കാട്ടിൽ പോവുക കാട്ടിൽ ഈ ആടുകളായിട്ട് താമസിക്കുക എന്നാണോ ഈ അഞ്ഞൂറ് ആടുകൾ ആയിരം ആടുകളായിട്ട് മാറണത് അന്ന് നീ തിരിച്ച് അടുത്തേക്ക് വന്നാൽ മതി ആരും നിന്നെ സഹായിക്കേണ്ടാവില്ല യാത്ര ചെയ്തു അദ്ദേഹത്തിൽ ആത്മവിശ്വാസത്തോട് പറഞ്ഞു അത്രയല്ലേല്ലോ അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ അഞ്ഞൂറ് ആടുകളെ കൊണ്ട് കാട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി ആടുകളെ കൂട്ടം തെറ്റി പോകണു ആടുകളെ പലരും വിധ ഈ പലരും മോഷ്ടിച്ചു കൊണ്ടുപോണു പോണ വഴിക്ക് പല മൃഗങ്ങളും പിടിച്ച് തിന്നണു ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഒരു വിധത്തിലെ ആടുകളെ തെളിച്ച് കാട്ടിലെത്തി അപ്പോഴേക്കും ധാരാളം ആടുകൾ നഷ്ടപ്പെട്ടിരുന്നു കാട്ടിൽ വെച്ചിട്ട് വരുമ്പി രാത്രിയായി അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും കാട്ടുമൃഗങ്ങൾ പിടിച്ചു നിന്നിട്ടും കാട്ടിൽ വഴി തെറ്റിയിട്ടും വീണ്ടും കുറേ ആടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ക്ഷേതുഗേതു മനസ്സിലായി ഇത് നല്ല ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ സ്വേതഗേതു ചിന്തിച്ചു ആടുകളെ ആദ്യം കാട്ടുമൃഗങ്ങളിൽ നിന്നും കൂട്ടം പോവാതെ രക്ഷിക്കണം അതിനെന്താണ് വഴി അങ്ങനെ സ്വേതു വേലി കെട്ടാൻ പഠിച്ചു ആടുകളെ അവിടെ താമസിക്കാൻ പഠിപ്പിച്ചു അങ്ങനെ ആടുകൾക്ക് ഭക്ഷണം ഇല്ലാതെ ആടുകൾ കണ്ടപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു അവർക്ക് ചെടികളും ഇലകളും കൊണ്ടു പഠിച്ചു അങ്ങനെ ശ്വേതേതു ഈ നിരീക്ഷണം പ്രകൃതിയെ നിരീക്ഷിക്കുക എന്ന മഹത്തായ ഒരു കർമ്മത്തിലേക്ക് കടന്നു അങ്ങനെ ചുറ്റുപാട് നടക്കുന്ന ചെടികളെ മരങ്ങളെപ്പറ്റിയും മൃഗങ്ങളെ പ്രകൃതിയെപ്പറ്റിയും പുഴയെ പറ്റിയും മണ്ണിനെ ജീവജാലങ്ങൾ എര തേടുന്നതിനെപ്പറ്റിയും ഇണ ചേരുന്നതിനെ പറ്റിയും സന്താനങ്ങളുണ്ടാവുന്നതിനെ പറ്റിയും പൂവിരിയുന്നതും പക്ഷി പറക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ചന്ദ്രനും നക്ഷത്രങ്ങളും അങ്ങനെ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ മാറ്റവും ഈ ശ്വേതകേതു കണ്ട് കണ്ട് കണ്ട് കണ്ട് പഠിച്ചു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ അഞ്ഞൂറ് ആടുകൾ രണ്ടായിരം ആടുകളായിട്ട് മാറി അപ്പോഴേക്കും ശ്വേതകേതു ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി ഈ പ്രകൃതിയിൽ നിന്നുള്ള ഓരോരോ ചരാചരങ്ങളെയും അവൻ കണ്ട് പഠിച്ച് പുതിയ പുതിയ അറിവുകൾ സമ്പാദിച്ച് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി ആ ശ്വേതകേതു മുഖം കാണിക്കാനെത്തി രണ്ടായിരം ആടുകളെ ലഭിച്ചു ഗുരുനാഥൻ പറഞ്ഞു നീ എല്ലാ അറിവുകളും സ്വായത്തമാക്കിയിരിക്കുന്നു ഇനി നീ പോയി രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞ് ശ്വേതകേതുവിനെ തിരിച്ച് രാജ്യത്തേക്ക് അതിനെ അരിച്ചു കഥ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ലോകത്തിൽ നമുക്ക് അറിവ് തരാത്തതായിട്ടൊന്നുമില്ല ലോകത്തിലുള്ള സർവചരാചരങ്ങളിലും ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ട് എല്ലാറ്റിൽ നമുക്ക് അറിവുകൾ സമ്പാദിക്കാനുണ്ട് എല്ലാറ്റും നമുക്ക് അറിവുകൾ മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ട് ലോകത്തിൽ ഗുരുവല്ലാത്തതൊന്നുമില്ല എല്ലാം ഗുരുക്കന്മാരാണ് പല വയസ്സായ ആൾക്കാരും പറയാറുണ്ട് ഈ വയസ്സായ കാലത്തിന് ഞാനൊക്കെ എന്ത് പഠിക്കാനാണ് വളരെ ലളിതമാണ് ഉത്തരം എൺപത് വയസ്സായ അല്ലെങ്കിൽ ഒരു എഴുപത് മൊബൈൽ ഉപയോഗിക്കാൻ പണ്ട് ആരെങ്കിലും എല്ലാവരും മൊബൈൽ ഉപയോഗിക്കേണ്ടില്ല എഫ് ആൻഡ്രോയിഡ് മൊബൈൽ വരെ ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഓൺ ആക്കാൻ പഠിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് മിക്സി വർക്ക് ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഗ്രൈൻഡർ വർക്ക് ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അയേൺ ചെയ്യാൻ പഠിക്കുന്നുണ്ട് കുക്കർ ഓൺ പഠിക്കുന്നുണ്ട് ടി വി ചാനൽ മാറ്റാനും നമുക്കറിയാം അങ്ങനെ എത്ര വയസ്സായ ആൾക്കാരും ഓരോ ദിവസവും നമ്മൾ എന്തെല്ലാം പുതിയ അറിവുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പുതിയ അറിവുകൾ അപ്പം അതുകൊണ്ട് ലോകത്തിൽ അറിവ് തരാത്തതായിട്ടൊന്നുമില്ല അതായത് ഗുരുവിൻ്റെ സാന്നിധ്യം എല്ലാ വസ്തുക്കളിലും ജീവനുള്ളതിലും ജീവനില്ലാത്തതിലുമുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഈ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ലഭ്യമാവുമെന്ന് പറയേണ്ട കാരണം കാരണം സമസ്ത ജീവ ജീവജാലങ്ങളിലും ഗുരു സാന്നിധ്യമുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യം ഈ ഗുരുവായ വ്യാഴത്തിലുണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായിട്ടാണ് വ്യാഴത്തിനെ സങ്കല്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വ്യാഴം പ്രസാദിച്ചാൽ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമുക്ക് അനുകൂലമായി വ്യാഴം പ്രതികൂലമായാൽ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും നമുക്ക് പ്രതികൂലമായി എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ വ്യാഴത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കാനുള്ള കാരണം വ്യാഴമാണ് എല്ലാറ്റിനെയും മേലിൽ നിൽക്കണം മഹാഗുരു ഇനി ഇതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത ദിവസം പറയാം നമസ്കാരം